അവർ പറഞ്ഞു ലൂത്ത് അലേഹിസ്ലാം ഞങ്ങൾ താങ്കളുടെ രക്ഷിതാവിന്റെ ദൂതന്മാരാണ് അവർ താങ്കളെ ഒരിക്കലും അറ്റീൻ ചെയ്യില്ല അതിനാൽ രാത്രിയുടെ ഒരു ഭാഗത്ത് താങ്കളുടെ കുടുംബത്തോടൊപ്പം പുറപ്പെടുക താങ്കളുടെ ഭാര്യയൊഴികെ നിങ്ങളിൽ ആരും പിന്നിലേക്ക് നോക്കരുത് അവർക്ക് അവൾക്കും സംഭവിക്കും തീർച്ചയായും അവരുടെ നിശ്ചയിക്കപ്പെട്ട സമയം പ്രഭാതമാകുന്നു പ്രഭാതമടുത്തില്ലേ